ദൈവാദി നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഒരിക്കൽ കൂടി നിങ്ങളുടെ മധ്യത്തിലായിരിക്കും ഞാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ മദ്യമായിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് വീണ്ടും നിങ്ങളെല്ലാം കൂടെ ഒന്ന് കാണുവാൻ സാധിച്ചല്ലോ ഞാനൊരു ചെറിയ ഒരു വിസിറ്റ് നാട്ടിലേക്ക് വന്നതാണ് നാളെ കഴിഞ്ഞ് തിരിഞ്ഞ് തിരിച്ചു പോകും തുടർന്ന് നിങ്ങളെ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു രാവിലെ ഇപ്പം സന്തോഷ് ബ്രദറ് പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ അന്ത്യകാലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ആ കാലയളവിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സമയം നമുക്കത് വളരെ പ്രയോജനത്തോടെ ഉപയോഗിക്കാം അന്ത്യകാലമാണ് ഉറങ്ങുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഉണർന്നിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന സമയമാണ് നമുക്കറിയാം പണ്ട് ദൈവം ലോകത്തെ നശിപ്പിക്കുന്നതിന് മുമ്പായി ദൈവം നോഹയ്ക്ക് കൃപ കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ആ നോഹയ്ക്ക് ദൈവം കൃപ കൊടുത്ത സമയത്ത് നോഹയോട് ദൈവം ഒരു പെട്ടകം പണിയുവാൻ ആലോചന പറഞ്ഞു പെട്ടകം പണിയാൻ നേരത്തെ ആലോചന പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചെറിയ അളവ് കൊടുത്തു ആ അളവ് പ്രകാരം അദ്ദേഹം ഒരു പെട്ടകം പണിതു ആ ന്യായവിധി വന്നപ്പോൾ ആ പെട്ടകം ന്യായപുതിയിൽ പെടാതെ അല്ലെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാനവർക്ക് ഉപക ഉപകാരമായി തീർത്തു നമുക്ക് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ പെട്ടകം പണിതത് ഒരു ദിവസം കൊണ്ടായിരിക്കത്തില്ല അതിൽ വളരെ സമയമെടുത്ത് ഒത്തിരി ബുദ്ധിമുട്ടി അളവിനൊപ്പിച്ച് അദ്ദേഹം പണിത് വന്നായിരിക്കും ഒരു പലകെടുക്കുമ്പോൾ മുറിക്കുമ്പോൾ ഒരുപക്ഷെ മെഷർമെൻ്റ് എടുക്കുമ്പം തെറ്റിപ്പോവണെങ്കിൽ മറ്റേ പലകയോട് ചേർത്തി അപ്പോൾ അദ്ദേഹം അവിടെ വളരെ സമയമെടുത്ത് അദ്ദേഹം മെനക്കെട്ട് പണിതെടുത്ത ഒരു സംഭവമാണ് പെട്ടകം നമ്മളും ഇന്ന് പുതിയ നിയമത്തിൽ നമ്മളെ ദൈവമാക്കിയിരിക്കുമ്പോൾ യേശു ക്രിസ്തു ആണല്ലോ ദൈവരാജ്യം പുതിയ നിയമത്തിൽ പ്രസംഗിച്ചത് പുതിയ നിയമത്തിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് യേശുക്രിസ്തു വന്നു അതിന് മുന്നോടിയായി അതിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ വന്നു ഇവർ വന്നപ്പോൾ ഒരു പുതിയ ദൂതാണ് നമ്മുടെ മുമ്പിലോട്ട് വച്ചിരുന്ന ഒരു കാര്യം എന്താണ് ആ ദൂത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് അതിൻ്റെ മെയിൻ കാര്യം മാനസാന്ദ്ര പെടുവിൻ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു കാര്യം എന്താണ് മാനസാന്തരപ്പെടുവീൻ മാനസാന്തരപ്പെടുവീൻ മാനസാന്തരപ്പെടുവൻ എന്നാണ് അതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ വിശുദ്ധൻ തന്നെത്താനെ വിശുദ്ധീകരിക്കട്ടെ അഴുക്കാടുക്കുന്നവൻ കൂടുതൽ അഴുക്കാട്ടെ എങ്ങനെയാണ് വിശുദ്ധൻ തന്നെത്താനെ വിശുദ്ധീകരിക്കുന്നത് നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടുവാനുള്ള അവസരമൊക്കെയും നമ്മൾ എന്ത് ചെയ്യണം മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരുന്ന് ഇരുന്ന് ഇരുന്ന് മുമ്പോട്ടുള്ള ഒരു ജീവിതത്തിലൂടെ പോകുമ്പോൾ ആണ് നമുക്ക് ആ നിലയിൽ നമുക്കൊരു രക്ഷയുണ്ട് അത് ഞാൻ ആലോചിക്കാറുണ്ട് നമ്മൾ ഈ സഭയിൽ കടന്നു വന്നു ഈ സഭയിൽ കടന്നു വന്നു വർഷങ്ങൾ കുറേ ആയിക്കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടാകുന്ന എവിടെ ഒരു വലിയൊരു പ്രയോജനം നമ്മൾ മാനസാന്തരത്തെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും മനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കിതൊരു പരിചയമായിത്തീരും നമ്മളങ്ങനെ പരിചയത്തിൻ്റെ പുറത്ത് ഇത് വിട്ട് കളയല്ലേ കാരണം നമ്മുടെ ഒരു പെട്ടകം മണിതുകൊണ്ടിരിക്കുക ചിലപ്പോൾ നമ്മളൊരു സംഭവം എടുത്ത് നമ്മൾ മുറിച്ച് മെഷർമെൻ്റൊക്കെ എടുത്ത് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അത് ഒക്കുന്നില്ല ഒക്കുന്നില്ല എന്തു ചെയ്യും പെട്ടകം പണിയണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം അത് വീണ്ടും അളവിനൊപ്പിച്ച് മുറിക്കണം അങ്ങനെ ദൈവം നമ്മുടെ വേദപുസ്തകത്തിൽ നമുക്ക് ദൈവജനമായി ധാരാളമായ മെഷർമെൻ്റുകൾ തന്നിട്ടുണ്ട് ഈ മെഷർമെൻറ്റിന് ഒത്തവണ്ണം അല്ലാത്ത കാര്യം വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം നമ്മളത് മുറിച്ച് മാറ്റണം വെളിപ്പാട് പുസ്തകത്തിൽ ഓരോ സഭയ്ക്കും ദൂതെഴുതുമ്പോൾ അവിടെ പറയുന്ന ഓരോ കാര്യം എന്തു ചെയ്യണം നീ ഏതിൽ നിന്ന് വീണെന്നോർത്ത് അതിൽ മാനസാന്തരപ്പെടുക ആ കാര്യത്തിൽ അപ്പോൾ നമ്മളൊരു പെട്ടകം പണിതുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വീണ നമ്മൾ എന്തു ചെയ്യണം ആദ്യമേ പോയി നമ്മൾ ആ കാര്യത്തിൽ ദൈവത്തിൻ്റെ ആ പറഞ്ഞിരിക്കുന്ന അളവിനൊത്തവണ്ണം നമ്മൾ ആ കാര്യം ചെയ്യണം പുതിയ നിയമത്തിൽ നാം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ നിലയിൽ നമ്മൾ ദൈവവചന പ്രകാരം മാനസാന്തരപ്പെടുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയൊരു പുതിയ നിയമത്തിലെ വലിയൊരു കാര്യമാണ് കൃപ കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്ന പൗലോ സ്വപ്ന സ്ഥലം പറയുകയാണ് ഞാനായിരിക്കുന്നത് ഇപ്പോൾ ദൈവ കൃപയാലാകുന്നു ദൈവ കൃപയാലല്ല അദ്ദേഹം വളർന്നു അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വലിയ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് എന്താണ് ദൈവ കൃപയിലാകുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രക്ഷകടാനുഭവത്തിന് കൃപ വേണം തുടർന്ന് നമ്മൾ മുമ്പോട്ട് ജീവിക്കുമ്പോഴൊക്കെയും നമുക്കാവശ്യമായിട്ടുള്ള ഒരു വലിയ കാര്യം എന്താണ് ദൈവത്തിൻ്റെ കൃപ എന്നുള്ളൊരു കാര്യം ഒരാളുടെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമായ ഒരു കാര്യമെന്താണ് കൃപയാണ് കൃപയില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല അത് ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ട ഒരു കാര്യമാണ് പഴയ നിയമത്തിൽ നമുക്കറിയാം ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ കൃപാസനം അവിടെ പണിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കൃപാസനം പണിയുവാൻ ദൈവം രണ്ട് സഹോദരന്മാർക്ക് ദിവ്യ ആത്മാവിനാൽ അവർക്ക് വെളിപ്പാടൊക്കെ അവർക്ക് ഹൃദയത്തിൽ കൊടുത്ത് അവരതിന് ഒത്തവണ്ണം ഒരു ഒരു ഒരു ഒരു കൃപാസനം പണിത് ഇന്ന് കർത്താവായ യേശു ക്രിസ്തു കൃപാസനത്തിന് മേലിരിക്കുന്നു അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാം തക്ക സമയത്ത് കൃപ പ്രാപിക്കാം എന്നൊക്കെയും ദൈവവചനം പറയും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ കാര്യങ്ങളൊക്കെയും ഓർപ്പിക്കുമ്പോൾ നാം ചെയ്യേണ്ട വളരെ ലളിതമായൊരു കാര്യം എന്താണ് മാനസാന്തരപ്പെടുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് നമ്മളെ ദൈവം ഈ സഭയിലാക്കിയിരിക്കുമ്പോൾ നാം തുടർമാനമായി ഇത് കാണുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ഈ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു നമുക്ക് കൊലോഷ്യ ലേഖനം ഇന്നത്തെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ കണ്ടത് കൊലോഷ്യ ലേഖനം മൂന്നാം ബുദ്ധി മൂന്നാം അധ്യായം അതിൻ്റെ സോറി രണ്ടാം അധ്യായം ക്ഷമിക്കണം കൊലോഷ്യ ലേഖന ഫിലിപ്പിയ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ക്രിസ്തുവേഷ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുക എന്നിട്ട് യേസു ക്രിസ്തുവിൻ്റെ താഴ്ചയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് യേശു ക്രിസ്തു ദൈവമായിരുന്നു അദ്ദേഹം ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിച്ചില്ല അദ്ദേഹം ദാസരൂപം എടുത്ത് മനുഷ്യ സദർശത്തിലായി വേഷത്തിൽ വിളങ്ങി മനുഷ്യനായി വിളങ്ങി തന്നെത്താനെ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസ്രണമുള്ളവനായി തീർന്നു എന്നിട്ട് നമ്മളോട് പറയുകയാണ് യേശുക്രിസ്തുവിൻ്റെ ഈ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ നമുക്കറിയാം പാപം എന്ന് പറയുന്ന കാര്യം പിശാജ് തൻ്റെ ഉള്ളിൽ വന്നൊരു കാര്യമാണ് പാപം പാപത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ തന്നെ ഉയർത്തുക എന്നുള്ളൊരു കാര്യമാണ് പാപത്തിൻ്റെ വലിയൊരു പ്രശ്നം ഈ ലോകത്തിൽ നമ്മൾ ജനിച്ചു വീണപ്പോൾ പാപസ്വഭാവം നമ്മളിൽ ഉള്ളതുകൊണ്ട് നമുക്കെല്ലാവർക്കും എന്തുണ്ട് നമ്മളെ തന്നെ എപ്പോഴും ഉയർത്തുന്ന തരത്തിലുള്ള ഒരു കാര്യം നമ്മുടെ ജഡത്തിലുണ്ട് ഈ കാര്യമുള്ളപ്പോൾ തന്നെയാണ് ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചു ദൈവം നമുക്ക് ദൈവത്തിൻ്റെ കൃപ നൽകി ദൈവത്തിൻ്റെ പുതിയ ആ സ്വഭാവമൊക്കെ നമ്മളിൽ പകർന്നു കൊണ്ടിട്ട് നമ്മളോട് പറയുകയാണ് എന്ത് ചെയ്യണം നമ്മളെ തന്നെ താഴ്ത്തണം നമ്മളെ കത്രിമേശിയൊക്കെ എടുക്കാൻ നേരത്ത് നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്കം ഒന്ന് പൂരന്തരി പറയുന്നൊരു വാക്യമുണ്ട് നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്ന് പറയുന്ന ഒരു വാക്യമാണ് ആ വിധിക്കപ്പെടുക അല്ലെ നമ്മളെ തന്നെ താഴ്ത്തുക എന്നുള്ളത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്നും നമുക്കൊഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു വായു എടുക്കുന്നു നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് പക്ഷേ ദൈവരാജ്യത്തിൽ നമുക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ നമ്മൾ നമ്മളെ തന്നെ വിധിക്കുകയും നമ്മളെ തന്നെ താഴ്ത്തുകയും നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നമുക്ക് ഈ യാത്രയിൽ പല സ്ഥലത്തും നമുക്ക് കാലടറാൻ സാധ്യതയുണ്ട് വഴിതെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് നമുക്ക് ട്രാക്കി മാറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എബ്രാഹിം ലേഖനകാരൻ എബ്രാഹിം ലേഖനം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നൊരു കാര്യം ആകിയാൽ നാമും സാക്ഷികളിലെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുക പാപവും വിട്ട് നമ്മിൽ നമ വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവർ യേശു ക്രിസ്തുവിനെ നോക്കുക എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന നമുക്കൊരു ലക്ഷ്യമാണ് ഈ ലക്ഷ്യം അതിൽ നമ്മൾ എന്തു ചെയ്യണം സ്ഥിരതയോടെ ഓടണം പാട്ടുകാരൻ എഴുതി അങ്ങും ഇങ്ങും ഓടിയ നോക്കിയാൽ ഓട്ടം ഓടി നമുക്ക് തീർത്ത് കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ തന്നിരിക്കുന്ന അളവ് തന്നിരിക്കുന്ന ആ കാര്യം ആ രീതിയിൽ നമ്മൾ ആ കാര്യത്തെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ അളവിനൊത്തവണ്ണം നമ്മൾ ആ ദൈവവചനത്തിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കപ്പെടുത്തുകയും ആ നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സഹായം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും നമുക്ക് ഈ പരമമായ ലക്ഷ്യത്തിൽ നമുക്ക് ഓടി ദൈവം നമ്മളെ സഹായിക്കും അപ്പോൾ യേശുക്രിസ്തുവാണ് നമുക്ക് ഈ കാര്യത്തിൽ ഒരു മാതൃക അദ്ദേഹം ദൈവമായിരുന്നു ദൈവത്തോടുള്ള സമത്വം എന്നുള്ള കാര്യം അദ്ദേഹം വലിയ കാര്യമായിട്ട് കരുതിയില്ല അദ്ദേഹം ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്ന് തന്നെത്താനെ താഴ്ത്തി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ജീവിതത്തിൽ നമുക്ക് താഴ്ന്ന നമ്മൾ താഴ്ത്തപ്പെടുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ പല മനുഷ്യർക്കും കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നേരിട്ടേക്കാം ഹമ്പിളിങ് എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കൊണ്ട് നമ്മൾ സാഹചര്യം നമ്മളെ താഴ്ത്തിന്നിരിക്കാം പക്ഷേ നമ്മൾ മനഃപൂർവ്വമായി തന്നെത്താനെ താഴ്ത്തുന്ന അനുഭവങ്ങൾ അത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലെ ഒരു വലിയ കാര്യമാണ് നമുക്ക് നോർമലി നമുക്ക് തന്നെ തന്നെ താഴ്ത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് വളരെ പ്രയാസമുള്ള കാര്യമാണ് നമുക്ക് വളരെ പ്രയാസം നമുക്ക് തന്നെത്തന്നെ ഉയർത്തുക എന്നുള്ള സാഹചര്യമാണ് മുഴുവൻ ഈ ലോകത്തിൽ നമ്മൾ നോക്കാമെങ്കിൽ ഒരു ജോലിക്ക് പോകുകയാണെങ്കിൽ അവിടെയുള്ളവരെല്ലാം എന്ത് ചെയ്യുവാണ് മത്സര ഓട്ടമാണ് എന്ത് ചെയ്യുവാണ് തന്നെത്താനെ ഉയർത്തുക കോമ്പറ്റീറ്റീവ് വേലാണ് കുഞ്ഞുങ്ങളെ പഠിക്കുമ്പോഴും ഒരു കോമ്പറ്റീഷൻ എല്ലായിടത്തും കോമ്പറ്റീഷൻ അങ്ങനെ എപ്പോഴും ഉയർന്നു ഉയർന്നു ഉയർന്നു പോവുക എന്നുള്ള ഒരു കാര്യമാണ് ഈ ലോകത്തിലുള്ളത് അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് ആരുടെ ആത്മാവാണ് സാത്താൻ്റെ ആത്മാവ് എതിർക്രിസ്തുവിനെക്കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നത് എതിർക്രിസ്തുവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്ന വാക്യം നമുക്കൊന്നെടുക്കാം തെസ്ലോനിക്ക ലേഖനം രണ്ട് തെസ്ലോനിക്കർ രണ്ടിൻ്റെ നാല് എതിരാളി അത്ര കണ്ട ഇവിടെ അവിടെ എതിർക്രിസ്തുവിനെ പറ എതിർക്രിവിനെ കുറിച്ച് അനീക്രിസ്തുനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യഭാഗമാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നായിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഒരു ദേവാലയത്തിലായിരിക്കുന്നു ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം എന്ന് നടിച്ചു ദൈവപൂജെന്ന് ചോദിച്ചാൽ തരത്തിലും തന്നെത്താനെ ഉയർത്തുന്ന എതിരാളി എതിരാളി എന്നാണ് വിളിച്ചിരിക്കുന്നത് യേശുവിൻ്റെ പാവം എന്ന് പറഞ്ഞാൽ തന്നെത്താനെ താഴ്ത്തുക എന്നുള്ളതാണ് എതിരാളി എന്ന് പറഞ്ഞാൽ അതിനെതിരെ നിൽക്കുന്ന അതിനെതിരെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അതിനെതിരെ പ്രവർത്തിക്കുന്ന സാത്താൻ്റെ പ്രവൃത്തിയുടെ പേരാണ് അല്ല നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു കാര്യമാണ് തന്നെത്താനെ ഉയർത്തുക നമ്മളെ തന്നെ വലിയ ഒരാളാക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം യേശുവും തൻ്റെ ശിഷ്യന്മാരും ഭൂമിയിലായിരുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു വാദമുണ്ടായി ആരാണ് നമ്മളിൽ വലിയവൻ ആരാണ് നമ്മളിൽ വലിയവൻ യേശു പെട്ടെന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് എന്താണ് ഒരു കുഞ്ഞിനെ എടുത്ത് നിർത്തി എന്നിട്ട് പറയുകയാണ് ഈ കുഞ്ഞിനെ പോലെ തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ദൈവരാജ്യത്തിൽ വലിയവനാകുന്നു നമ്മൾ ഓർക്കുക ഈ ലോകത്തിൽ വലിയവനാകുന്നു എന്നല്ല കർത്താവ് പറഞ്ഞു നമ്മൾ എവിടെ എവിടെ വലിയവനാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യത്തിൽ വലിയവനാകുന്നു ദൈവരാജ്യത്തിൽ വലിയത് എന്ന് പറയുന്നതിൻ്റെ വലിയൊരു കാര്യം നമ്മളെ തന്നെ താഴ്ത്തുന്നവനാണ് ദൈവരാജ്യത്തിൽ വലിയൊരാൾ നമുക്ക് ഈ ലോകത്തിൽ ആ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ് എങ്കിലും നമ്മൾ ദൈവവചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവവചനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ തന്നെ താഴ്ത്തുവാനായിട്ട് ദൈവത്തിൻ്റെ വഴിയെ പോകുവാനായിട്ട് നമ്മൾ ആ സമയം പ്രയോജനപ്പെടുത്തുന്നുവെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ നാം എന്തായിത്തീരും ദൈവത്തിൻ്റെ ദൃഷ്ടി നാം എന്തവനായി തീരും വലിയവൻ ആയിത്തീരും ലോകത്തെ പാട്ടുകാരൻ പാടി ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ പോഷനായി തോന്നിയാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ശ്രേഷ്ഠനായിരിക്കുന്നു നമുക്ക് ഓർക്കും ഈ ലോകത്തിലെ എല്ലാ കാര്യവും നാം എടുക്കുകയാണെങ്കിൽ അത് ലോകത്തിൽ വലിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഉറപ്പാക്കുന്നു എന്നാൽ ദൈവവചന പ്രകാരം ഒരുത്തൻ അവൻ ദൈവവചന പ്രകാരം ജീവിക്കാൻ തുടങ്ങുമ്പം ലോകത്തുള്ളവരല്ല അവനെ എന്തുപറയും നീ പോഷനാണ് നീ പോഷണമാണെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് തോന്നും നമുക്ക് ഹൃദയത്തിൽ നിരാശ തോന്നാം നമ്മുടെ ഹൃദയത്തിൽ പല കാര്യങ്ങൾ തോന്നാം നമ്മുടെ പല സാഹചര്യങ്ങളും നമുക്ക് നേരിടാം പക്ഷേ നമ്മളെന്താണ് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശ്രേഷ്ഠനാണ് ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ലോകത്ത് നമുക്ക് ആർക്കും പ്രതികൂലമായി നമുക്കുണ്ടാകുകയില്ല ആ കാര്യം നമ്മൾ ഓർക്കുക നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന വലിയൊരു അവസരമാണ് ഈ നമ്മുടെ ഭൂമിയിലെ ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതിനെതിരെ നിൽക്കുന്ന പല കാര്യങ്ങൾക്കെതിരെ മാനസാന്തരപ്പെടുവാനും ജീവിതത്തെ ക്രമീകരിക്കുന്നതിനും രൂപാന്തരപ്പെടുന്നതിനൊക്കെയും അത് നല്ല അവസരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം പഴയ നിയമത്തിലേക്ക് കിടന്ന് വരുമ്പോൾ നമുക്ക് രണ്ട് ശമുവലിൽ ഒരു ഭാഗം നമുക്ക് കാണുവാനായിട്ട് ഇടയാവും രണ്ട് ശമുവൽ അതിൻ്റെ ആറാം അധ്യായം ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദാവീദ് ഒരു പെട്ടകം ദേവദേ ഹോബയുടെ പെട്ടകം തിരിച്ചു കൊണ്ടിരുന്നൊരു ഭാ ഭാഗമാണ് അവിടെ യഹൂബയുടെ പട്ടകം ചുമന്ന് കൊണ്ടുവരുമ്പോൾ നമുക്കതിന്റെ ആറാം അധ്യായം പതിനാലാമത്തെ വാക്യം പതിനാലാമത്തെ വാക്യം ധരിച്ചുകൊണ്ട് പൂർണ്ണശക്തിയോടെ യഹൂബയുടെ മുമ്പാകെ അവർക്ക് വലിയ സന്തോഷമുള്ള ഒരു അനുഭവമായിരുന്നു ദൈവത്തിന്റെ പട്ടകം കൊണ്ടുവരുന്നു ആ ദൈവത്തിൻ്റെ വചനപ്രകാരം അവിടെ പൊട്ടക്കൊക്കെ ചുമന്നുകൊണ്ട് വരുന്നു ഇതിനു മുമ്പേ നമുക്ക് മുമ്പ് വായിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇവിടെ അദ്ദേഹം കാളവണ്ടിയിൽ ഈ സംഭവം കൊണ്ടിരിക്കുകയും രണ്ടുപേരും മരിച്ച കാര്യമൊക്കെ ഉണ്ടായി അവിടെ രണ്ടുപേര് കാര്യം മരിച്ചപ്പോൾ ആദ്യമേ ദാവിദിന് ദേഷ്യം വന്നു പിന്നെ ദാവിദ് ദൈവത്തെ ഭയപ്പെട്ടു അദ്ദേഹത്തിന് ആ കാര്യം മനസ്സിലായി ഈ നിലയിലല്ലേ ഇത് കൊണ്ടുവരേണ്ടത് അത് ഫെലിസ്റ്റിയുടെ ഏർപ്പാടാണ് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ ദൈവവചന പ്രകാരം എങ്ങനെയാണ് കൊണ്ടിരേണ്ടതെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇപ്പം അത് പുരോഹിതന്മാരെയും കൊണ്ടൊക്കെ ചോമിപ്പിച്ച് ലവ്യ ഗോത്രത്തിൽ അദ്ദേഹം അതിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്നതായിട്ട് ഒരു ഭാഗം നമുക്ക് കാണാം അദ്ദേഹം പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഒരു ചെറിയ പ്രയാസമുണ്ട് അദ്ദേഹം ഇങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു ആര്യയുടെ പേര് മീകൾ എന്നായിരുന്നു മീകൾ ഒരു രാജകുമാരിയായിട്ട് ജനിച്ചു വന്ന ഒരു വ്യക്തിയാണ് ദ്ദേഹം ശവുലിൻ്റെ മകളായിരുന്നു ഷൗലിന്റെ മകൾ ഈ കാര്യം കണ്ടപ്പോൾ അത്രാമത്തെ പറയും ദാവിത മീഖലിനോട് യെഹോയുടെ ജനമായി ഇസ്രായേലിനെ പ്രഭുവായി നിയമിക്കാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവന്റെ സകല ഗ്രഹത്തിലും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യെഹോയുടെ മുമ്പാകെ അദ്ദേഹയുടെ മുൻഭാഗം ഞാൻ നൃത്തം ചെയ്യും ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എൻ്റെ കാഴ്ചക്ക് എളിയവനും ആയിരിക്കും നീ പറഞ്ഞ ദാസികളാലോ എനിക്ക് ബഹുത്വം ഉണ്ടാകും അവിടെ ആ കാണുന്ന കാര്യം മീകൾ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്ന ഒരു കാര്യമാണ് മീകൾ ചോദിക്കുന്നത് ചോദ്യം ഇരുപതാമത്തെ വാക്യത്തിൽ പറയുവാണ് നീ മകളായ ദാബിദനെതിരേറ്റിരുന്നു നിസ്സാരന്മാരിൽ ഒരുത്തൻ തന്നെ തന്നെ അനാവൃത്തനാക്കുന്ന പോലെ ഇന്ന് തൻ്റെ ദാസിമാരുടെ ദാസികൾ കാണുകയെ തന്നെ താൻ അനാവർത്തനമാക്കിയതുകൊണ്ട് ഇസ്രായേലിൻ്റെ രാജാവ് ഇത്ര മഹത്വമുള്ളവനെന്ന് പറഞ്ഞു നോക്കുക ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന രാജകുമാരിയെ സംബന്ധിച്ചോളം ദൈവത്തിൻ്റെ മുമ്പാകെ തൻ്റെ ഭർത്താവ് നൃത്തം ചെയ്ത കാര്യം ഒരു പോഷത്തമായിട്ട് അത് അവർക്ക് ഒരു പോഷത്തമായിട്ട് ഒക്കെ തോന്നി അപ്പം ദാവീദിൻ്റെ മറുപടിയാണ് വളരെ മനോഹരമായ മറുപടി എന്താണ് എന്താണ് മറുപടി പറഞ്ഞത് മറുപടി പറഞ്ഞൊരു കാര്യം എന്താണ് യഹോവയുടെ ജനമായി ഇസ്രായേലും പ്രഭുവായി നിയമിക്കുവാൻ തക്കവണ്ണം നിൻ്റെ അപ്പനിലും അവൻ്റെ സകല ഗ്രഹത്തിൽ ഗുപരിയായി എന്നെ തെരഞ്ഞെടുത്ത യഹോവയുടെ മുമ്പാകെ അതെ യഹോവയുടെ മുമ്പാകെ ഞാൻ ഇനി നൃത്തം ചെയ്യും എന്നിട്ട് ഇരുപത്തിരണ്ടാമത്തെ വാക്കി പറയുവാണ് ഇതിൽ ഇനിയും ഇതിലധികം ഹീനനും എൻ്റെ കാഴ്ചക്ക് എളിയവനുമായിരിക്കും നമ്മൾ നോക്കും ഇവിടെ ദാവീദിൻ്റെ ഒരു വലിയ കാര്യം നോക്കുക ദാവീദിനെ ദൈവം ആടിനെ മഞ്ഞ സ്ഥലത്തു നിന്നാണ് പിറക്കിയെടുത്ത് എന്ത് ചെയ്ത് എന്തു അതിപതിയാക്കിയത് ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ നല്ല ബോധ്യമുണ്ട് വളരെ നല്ല ബോധ്യമുണ്ട് ഞാൻ ആരായിരുന്നു മീകൾ പറഞ്ഞ് ഞാൻ രാജകുമാരിയാണ് എനിക്കിങ്ങനെ ഈ സാധാരണ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണെങ്കിലും എനിക്ക് എൻ്റെതായ രീതികളൊക്കെയുണ്ട് നമ്മുടെ നമ്മളെവിടുന്ന് വന്നു നമ്മുടെ പാരമ്പര്യം നമ്മുടെ കുടുംബമഹിമ നമ്മളെ പൊസിഷൻ നമ്മുടെ എജ്യൂക്കേഷൻ അങ്ങനെ പല ഫാക്ടേഴ്സ് നമ്മുടെ പണം പണം പല പല പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ പല പ്രശ്നങ്ങളുള്ളപ്പം ഈ പ്രശ്നങ്ങളൊക്കെ എന്താണ് ദൈവം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ താഴ്ത്തുവാൻ വളരെ പ്രയാസമാണ് സാധാരണ ജനങ്ങളുടെ കൂടെ മിക്സ് ചെയ്യുവാൻ നമുക്ക് പ്രയാസമാണ് ഇങ്ങനെയൊന്നും സാധാരണ നമ്മൾ ഈ കാര്യത്തെയാണ് മുറുകെ പിടിക്കുന്നതെങ്കിൽ നമുക്ക് ദൈവത്തെ ദൈവത്തിൻ്റെ സന്നിധി താഴ്വാൻ കഴിയത്തില്ല പക്ഷെ ദാവീത് എന്താണ് പറയുന്നത് നിൻ്റെ അപ്പം വലിയ രാജാവായിരുന്നു പക്ഷേ ദൈവം കണ്ടത് എന്താണ് ദൈവം കണ്ടത് എന്താണ് അവരെ മാറ്റിയിട്ട് സകല ഗ്രഹത്തിനുപരിയായി അവനെന്നെ തന്നെ തിരഞ്ഞെടുത്തു എന്നിട്ട് പറയുവാണ് ഇനിയും ഞാൻ എന്തു ചെയ്യും എന്നെ തന്നെ താഴ്ത്തും ഒരവസരം കിട്ടിയാൽ ഞാൻ എന്തു ചെയ്യും ഇനി ഇത് ഞാൻ ചെയ്യും ഇതുതന്നെ ചെയ്യും ദാവീദിൻ്റെ ഭാര്യയ്ക്ക് ദാവീദിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്തു അദ്ദേഹം തന്നെ തന്നെ താഴ്ത്തും എന്ന് പറഞ്ഞു പലപ്പോഴും നമ്മുടെ പ്രശ്നം നമ്മൾ സാധാരണ വിചാരിക്കും ആരെങ്കിലും വന്ന് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന കാര്യങ്ങൾ നമ്മളെ തലയിൽ കയറുകയും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒരു വലിയ ആളാന്ന് നമ്മൾ തന്നെ തെറ്റിദ്ധരിക്കുകയും നമ്മൾ വലിയ വലിയ കാര്യത്തിലേക്ക് പോവുകയും ചെയ്യും പക്ഷെ ദാവീദിനെ നോക്കുക ദാവീദ് വളരെ വ്യക്തതയുണ്ടായിരുന്നു താനാരായിരുന്നു ഞാൻ ആരായിരുന്നു എന്നുള്ള കാര്യത്തിൽ ദാവീദിന് വളരെ വ്യക്തതയുണ്ടായിരുന്നു നമ്മളും നമ്മൾ വന്ന വഴികൾ ദൈവം നമ്മളെ വിളിച്ച വഴികളൊന്നും നമ്മൾ മറന്നുപോകാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകുവാൻ ഭയങ്കര ഇടയാണ് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴാണ് നോർത്ത് ജനുവരിയാണ് ഈ മാസം ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ ജനുവരി ഒരു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ രോഗിയായിരിക്കുന്നൊരവസ്ഥയായി രോഗിയായിരിക്കുന്ന ഒരവസ്ഥയായി നമ്മൾ പലപ്പോഴും ദൈവം തന്ന ഉപകാരങ്ങൾ മറന്നുപോകും ദൈവം തന്ന കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും നമ്മൾ പലപ്പോഴും ദൈവത്തെ ദൈവം ചെയ്ത കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകാൻ നമുക്ക് വളരെ ഇടയുണ്ട് നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നു നാം പാപിയായിരുന്നു ദൈവം നമ്മളെവിടുന്നു രക്ഷിച്ചു അല്ലേ ഭാവി ആയിരുന്നു ദൈവം നമ്മളെവിടുന്ന് രക്ഷിച്ചു എന്നിട്ട് ദൈവത്തിൻ്റെ സഭയിൽ കൊണ്ടിരുത്തി വളരെ ദൂതുകൾ നമ്മുടെ ജീവിതത്തിൽ തന്നു അനോഹ പെട്ടകം പണിയുമ്പോൾ ചേർച്ചയില്ലാത്ത പല കാര്യങ്ങളുണ്ട് ചേർച്ചയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം മുറിച്ച് മാറ്റി മറ്റേ പലകയോട് ചേരുന്ന രീതിയിൽ പെട്ടകം പണിതേ പറ്റത്തുള്ളൂ പെട്ടകം പണിതില്ലെങ്കിൽ ശരിയാകത്തില്ല അവിടെ വെള്ളം കയറിപ്പോവും പക്ഷേ നമ്മുടെ പ്രശ്നം ഒക്കുന്ന രീതിയിൽ പോകട്ടെ എന്നുള്ളതാണ് നമ്മൾ ഏത് നിലയിലും മാനസാന്തരപ്പെടുക മാനസാന്തരപ്പെടുക തന്നെ തന്നെ താഴ്ത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം ഇവിടെ നമുക്ക് കാണുമ്പോൾ ദാബിത്തിൻ്റെ ജീവിതത്തിൽ വളരെ വളരെ എന്താ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ നല്ലൊരു കാര്യത്തെ കാണുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നെ എന്തുപറ്റി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട് പാളിച്ചകളൊക്കെ പറ്റി കഴിഞ്ഞപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഒരു ഹൃദയം പ്രത്യേക ഹൃദയമായിരുന്നു നമുക്ക് ആ കാര്യം കാണാവുന്നത് രണ്ട് ഇത് രണ്ട് ക്ഷാമം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം ആ ഇത് ഇതാണ് അദ്ദേഹം ചെയ്ത ഒരു പാപം അദ്ദേഹത്തിൻ്റെ പറ്റിപ്പോയൊരു തെറ്റാണ് അദ്ദേഹത്തിൻ്റെ പറ്റിപ്പോയൊരു തെറ്റായിരുന്നു താൻ തൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഒരു പടയാളിയെ അദ്ദേഹം കൊന്നു തൻ്റെ ഭാര്യയെ അവൻ്റെ ഭാര്യയെ തൻ്റെ ഭാര്യയെ എടുത്തു ഇതൊക്കെ അദ്ദേഹം ചെയ്തത് ഈ അനിഷ്ടമായി പക്ഷെ ആ പാപത്തെക്കുറിച്ച് അദ്ദേഹത്തിനൊരു ബോധ്യം വന്നപ്പോൾ അദ്ദേഹം ചെയ്ത എന്താണ് അദ്ദേഹം ചെയ്ത കാര്യം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം പതിമൂന്നാമത്തെ വാക്യം ആ മതി ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം നമ്മളോർക്കും വളരെ ചെറിയൊരു കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു ഞാൻ എഹോബയോട് പാപം ചെയ്തിരിക്കുന്നു ഇത് കണ്ടോ ഇദ്ദേഹത്തിൻ്റെ താഴ്മയുടെ ഒരു കാര്യമാണ് ഇദ്ദേഹം രാജാവായിപ്പോയി രാജാവായി എന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്ഥാനങ്ങൾ ഉയർച്ചകളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും മറന്നു പോകാനും തെറ്റിപ്പോകാനും ഒക്കെ ഇടയുണ്ട് ഇടയുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദൈവത്തിനെ സ്പർശിക്കാവുന്നൊരു കാര്യമുണ്ടായിരുന്നു അതിൻ്റെ തെറ്റ് ചൂണ്ടി കാണിച്ചപ്പോൾ ഉടനെടെ അദ്ദേഹം എന്ത് ചെയ്തു എന്ത് ചെയ്തു അദ്ദേഹം അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ പാപം ചെയ്തിരിക്കുന്നു പിന്നെ അദ്ദേഹം അതിനെക്കുറിച്ച് എതിയ സങ്കീർത്തനത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വലിയൊരു സംഭവമാണ് മാനസാന്തരം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്യന്ത്യാപേയമായ ഒരു കാര്യമാണ് ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ചൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുമ്പോൾ അതിപക്ഷേ ദൈവത്തിൻ്റെ വചനത്തിലൂടെയാകാം മറ്റുള്ള മനുഷ്യരിലൂടെ ആകാം ഏത് നിലയിലാണെങ്കിലും എന്തു ചെയ്യണം നമ്മൾ നമ്മൾ നിരന്തരമായി മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കുക ഇത് നമുക്ക് ജീവിതത്തിൽ ഭയങ്കര ഒരു കാര്യമാണ് നമുക്ക് ഭയങ്കര ഒരു കാര്യമാണ് ഇങ്ങനെ നമ്മൾ ദൈവസന്നിധിയിൽ നാം ഈ നിലയിൽ നിൽക്കുമ്പോൾ നാം ദൈവം എന്തു ചെയ്യും ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മുടെ കുഞ്ഞുങ്ങളിവിടെ വായിച്ചു പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിച്ചു ദൈവം നികളുകളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർത്തണം ദൈവത്തിൽ നിന്നുള്ള സപ്പോർട്ടാണ് നമുക്ക് വേണ്ടുന്ന സപ്പോർട്ട് ദൈവത്തിൽ നിന്നില്ലാത്ത ദൈവം സപ്പോർട്ട് ചെയ്യുന്നതിൽ ബാക്കിയുള്ളവരെല്ലാം സപ്പോർട്ട് ചെയ്താലും നമുക്ക് യാതൊരു പ്രയോജനവും കിട്ടത്തില്ല നമുക്ക് യാതൊരു പ്രയോജനവും നമ്മുടെ ജീവിതത്തിലുണ്ടാകത്തില്ല ദൈവം നമുക്ക് അനുകൂലമാണ് ദൈവത്തിൻ്റെ നിലയിൽ നമുക്കിതാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ നിരന്തരമായി മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു വരാം ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ ഭാവം നമുക്കുണ്ടായിരിക്കണം ഇതാണ് ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ താനെ താഴ്ത്തുക നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് ഞാൻ നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും നമ്മളോട് ദ്രോഹം ചെയ്തവർ കാണും നമ്മളോട് ദ്രോഹം ചെയ്തവരോട് നമുക്ക് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ പറ്റുമോ പറ്റുമോ പ്രയാസമല്ലേ പക്ഷെ ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥയിൽ ദൈവം പറഞ്ഞ് എന്തിരിക്കയാണ് നിങ്ങള് നിങ്ങൾ ഹൃദയപൂർവം ക്ഷമിച്ചില്ല ദൈവം നിങ്ങളോട് ക്ഷമിക്കത്തില്ല നമുക്ക് പല കാര്യങ്ങളിലും ഓപ്ഷൻസ് കുറവാണ് ബാക്കിയുള്ളവർക്കൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് എന്താണ് ഓപ്ഷൻസ് കുറവാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവവചനം വിശ്വസിക്കുകയും ദൈവവചനം കേൾക്കുകയും ദൈവവചനം വിശ്വസിക്കുകയും ദൈവാത്മാവിനാൽ നാം ശാക്തീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ വചനത്തിന് കേട്ട് നമ്മളതനുസരിച്ച് മാറുവാനൊക്കെയും ദൈവം നമ്മളെ സഹായിക്കും നമുക്ക് ഈ കാര്യത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വീണ്ടും ദാപ്യത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു കാര്യം ചെയ്തത് തൻ്റെ ജനത്തെ എണ്ണി എന്നുള്ളൊരു പാപം അദ്ദേഹം ചെയ്തു ദൈവത്തിൻ ജനത്തെ എണ്ണി എന്നുള്ളൊരു പാപം അദ്ദേഹം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം രണ്ട് ശമ്പളിൻ്റെ പുസ്തകം അതിൻ്റെ ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം എന്ന് പറഞ്ഞു കേട്ടോ അദ്ദേഹം വീണ്ടും ഒരു തെറ്റി ചെയ്തു പലപ്പോഴും തെറ്റിപ്പോയി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോടെ ഇടുപെടുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ് നമ്മളാ സമയം ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തുപോകും നമ്മളെ തന്നെ താഴ്ത്തു പോകും ഇവിടെ പറയുന്ന കാര്യം വളരെ വ്യക്തമാണ് ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആലോചിച്ച് നമുക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ നമ്മളെ ആരെങ്കിലും ഒരു കാര്യം ഇത് തെറ്റാ സഹോദരനി ചെയ്യുന്ന കാര്യം തെറ്റാന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലൊരു പ്രവാചകം വന്നാൽ പറയുന്നത് നോക്കിയാൽ മറ്റേത് നാദാം പ്രവാചകം വന്ന് ദാവിദിനോട് കൈ ചൂണ്ടി പറയുന്നു ആ ചെയ്ത ആള് നീ തന്നെ അവിടെ പരശുദ്ധാത്മാവ് വരുന്ന ദൈവത്തിന്റെ വെളിപ്പാട് കിട്ടുന്നതോ ഒന്നും കാണുന്നില്ല അവിടെ ഒരു മനുഷ്യൻ വന്ന് അവനോട് പറയാണ് നീ ഈ കാര്യം ചെയ്തത് തെറ്റാണ് ഖാദ് പ്രവാചകം വന്നിട്ട് പറയൂട്ട് തെറ്റാണ് ഒരു വ്യക്തികൾ ഓരോ വ്യക്തികൾ വന്ന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് സഭയിൽ ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തെ നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നത് തെറ്റാണ് അല്ല നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ ഭാര്യയോ അല്ല ഭർത്താവോ ആരെങ്കിലും നമ്മളെ ഒരു കാര്യം ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്താണ് നമുക്കിങ്ങനെ തോന്നുമോ ഇതുപോലെ നമുക്ക് ദാവിദിനെ പറഞ്ഞ പോലെ പറയാൻ പറ്റുമോ ഞാൻ വലിയ പോഷച്ചൻ ചെയ്തു നമ്മുടെ ഹൃദയത്തിൽ പശ്ചാത്താപമുണ്ടോ നമുക്കങ്ങനെ കുറ്റബോധം തോന്നാറുണ്ടോ ദൈവത്തിന് നമ്മുടെ മദ്യത്തിൽ ഇടയുണ്ടോ നമ്മളും ചിന്തിച്ച് നോക്കി അങ്ങനെ എവിടെയുണ്ടെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവൻ നികളുകളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ള വ്യക്തികൾക്ക് എന്തു ചെയ്യും കൃപ കൊടുക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ കൃപയില്ലാതെ പുതിയ ഈ ജീവിതം വളരെ പ്രയാസമാണ് അല്ലെങ്കിൽ നമുക്ക് നടക്കാത്തൊരു കാര്യമാണ് നമ്മളപ്പോൾ എന്തു ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ തന്നെ താഴ്ത്തുക എന്നുള്ള വലിയൊരു കാര്യമാണ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പല കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിശ്വാസത്തിലേക്കിടന്ന് വരുമ്പോൾ നമുക്കൊരു പക്ഷേ എല്ലാ കാര്യവും നമ്മുടെ ഹൃദയത്തിലെ കാര്യങ്ങൾ വെളിപ്പെടുത്തില്ല പക്ഷെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ദൈവാത്മാവ് എന്ത് ചെയ്യും നമ്മളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ ശ്രേഷ്ഠനായിരിക്കണമെങ്കിൽ ദൈവരാജ്യത്തിലെ ഒരു വ്യക്തി ആയിരിക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ മനസ്സാന്തരപ്പെടുക എന്നുള്ളതാണ് നമ്മളാരും പെർഫെക്റ്റ് അല്ല നമുക്കൊക്കെയും ജീവിതത്തിൽ പല അനർത്ഥങ്ങളും തെറ്റുകളും കുറ്റങ്ങളൊക്കെയും സംഭവിക്കാവുന്ന വ്യക്തികളാണെന്നാ പക്ഷെ നമ്മളെന്ത് ചെയ്യണം നമ്മളെന്ത് ചെയ്യണം നമുക്കിത് ചെയ്യാൻ പറ്റിയില്ല എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം കഠിനമായി തീരുകയും നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടാനുള്ള അവസ്ഥകൾ കുറഞ്ഞു പോവുകയും കുറഞ്ഞു പോവുകയും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മളെപ്പോഴും ആ കാര്യത്തിൽ വളരെ വിജിലൻ്റ് ഒന്ന് രണ്ട് കൊരിന്ത്യരിൽ പൊലോസ പുസ്തകം ഇങ്ങനെ പറയുന്നൊരു ഭാഗമുണ്ട് സെക്കൻഡ് കൊരിന്തിയൻസ് അതിൻ്റെ പത്താമ അധ്യായം നാലാമത്തെയും അഞ്ചാമത്തെയും വാക്യം പിടിച്ചിടക്കി കണ്ടോ ഓലോസപ്പോസ്തോലൻ അദ്ദേഹം പറയുന്ന ഒരു വലിയ കാര്യമാണ് അദ്ദേഹം പറയുന്നത് എന്താണ് ഞങ്ങളുടെ ഹൃദയത്തിൽ പല പല ചിന്തകൾ ഉയർന്നു പൊങ്ങുന്ന പല ചിന്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുകയാണ് ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായി ഞങ്ങളതിനെല്ലാം പിടിച്ചടക്കുകയാണ് പിടിച്ചടക്കുകയാണ് നോക്കുക വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എത്രയോ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും പോട്ടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോട്ടെ നമ്മുടെ ഹൃദയത്തിൽ എത്രയോ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരുന്നു തള്ളി വരുന്നു നമ്മൾ ഞാൻ ആലോചിക്കാറുണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മുടെ തുടക്കത്തിലുണ്ടായിരുന്ന ഉത്സാഹം ഇപ്പോഴുണ്ടോ പണ്ട് നമ്മളൊരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ പോയി ക്ഷമ പറയുന്നു അല്ലെങ്കിൽ നമ്മൾ ഏറ്റുപറയുന്നു കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് വർദ്ധിച്ച് വരുവാണ് കുറഞ്ഞു വരുവാണോ ഞാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ സത്യസന്ധമായി പറയും ഞാൻ ഈ കാര്യം കുറഞ്ഞതായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കിക്കാണുമ്പം കാണുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ താഴ്മയില്ലാതെ വരുന്നതുകൊണ്ട് താഴ്മയില്ലാതെ വരുന്നതാണ് ഒന്നാമത്തൊരു പ്രശ്നം നമുക്ക് ദൈവത്തോടുള്ള ഭയം കുറയുന്നത് കൊണ്ട് നമുക്ക് വരാം നമുക്ക് പിന്നെ പരിചയങ്ങൾ പരിചയങ്ങൾ വരുന്നതുകൊണ്ട് നമുക്ക് വരാം പല കാരണങ്ങൾ കൊണ്ട് നാം പലപ്പോഴും വഞ്ചിക്കപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട് നമ്മളെ സിംപ്ലിസിറ്റി നഷ്ടപ്പെടുമ്പോൾ നമുക്കങ്ങനെ വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർന്ന ചിന്തകളെയും ഞങ്ങള് അവിടെ പിടിച്ചടക്കുക എന്നാണ് പല സ്വപ്തം പറഞ്ഞത് അദ്ദേഹം അങ്ങനെ ചെയ്തു അദ്ദേഹം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു കാര്യം പറയുകയാണ് വായിച്ചു അതന്നെ ഞാൻ വാക്യം ഇവിടെയും ഒരളവിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ് പോലോ സൗസ്കാരും പറയുകയാണ് ചില മനുഷ്യർ എന്തു ചെയ്യുകയാണ് ഏഹ് തന്നെ ശ്ലാഖിക്കുന്ന ചില മനുഷ്യർ അവരെന്താണ് അവർ ഇന്ന് അവർ ഏ അവർ തന്നെ തന്നെ ചേർത്ത് അവരെ ഒരു മെഷർമെൻ്റുമായിട്ട് അവരെ തന്നെ ചിന്തിക്കുകയാണ് നമ്മളൊരു വ്യക്തികളുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേറൊരു കാര്യങ്ങളുമായിട്ട് നമ്മളെ തന്നെ പല സ്റ്റാൻഡേർഡുകളുമായിട്ട് നമ്മളെ തന്നെ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ നമ്മൾ നല്ലവരായിരിക്കും നാം തികഞ്ഞവുള്ളവരായിരിക്കും പക്ഷേ നമ്മൾ ക്രിസ്തുവേശുവിനെക്കുറിച്ച് തന്നെ നമ്മളെ അളക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യത്തിൽ എപ്പോഴും നമുക്ക് എന്താ പറയുക നമുക്കെപ്പോഴും താഴ്മയെ നിൽക്കുവാൻ കാണും യേശുക്രിസ്തുവുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യുക യേശുക്രിസ്തുവിൻ്റെ ഭാവം എന്ന് പറയുന്ന കാര്യവുമായിട്ട് നമ്മളെ തന്നെ തുല്യം ചെയ്യുമ്പോൾ നമുക്കെന്നും ജീവിതത്തിൽ മാനസാന്തരപ്പെടുവാൻ ഇടവരും നമ്മളെപ്പോഴും ചിന്തിക്കരുത് നമ്മുടെ ഹൃദയം എല്ലാത്തിനേക്കാളും കാപടി എന്നറിഞ്ഞൊരു കാര്യം എന്താണ് നമ്മുടെ ഹൃദയം പല ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ വരും നമ്മുടെ പല ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കാം പക്ഷേ ഈ ചിന്തകൾ അനുസരിച്ചാണോ നാം ജീവിക്കുന്നത് അതോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു സ്ഥാനമുണ്ടോ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ സഭയിലാക്കിയിരിക്കുന്നത് ഈ നിലയിൽ പണിയപ്പെട്ട് വരുവാൻ വേണ്ടിയാണ് അതിലൊരു വാക്യം കാണിക്കുക ലേഖനം അതിൻ്റെ രണ്ടാമധ്യായം പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ ഒന്നിച്ച് പണിത് വരുന്നു കണ്ടോ നമ്മളെ ദൈവം വിളിച്ച് ക്രിസ്തു പേശു എന്ന ആ വലിയ അടിസ്ഥാനത്തിന് മേൽ നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ് ആ പവ പണിയുന്നിടത്ത് ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കും നിങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനമേർ പണിതുകൊണ്ടിരിക്കുന്നു നമ്മുടെ ദൈവവചനം നമ്മൾ ഈ സഭയിലൂടെ കേൾക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു കെട്ടിടം പണിയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക അല്ലെങ്കിൽ നോഹയുടെ പട്ടകം പണിയുന്നത് നിങ്ങൾ ആലോചിക്കുക നമ്മുടെ ജീവിതത്തിൽ ചേർച്ചയില്ലാത്ത പല കാര്യങ്ങളുണ്ട് ചില കല്ലുകൾ ഒന്തി നിൽക്കുന്നു ചില അത് പാകത്തിനൊത്തവണ്ണം അല്ല അപ്പം നമ്മളെന്ത് ചെയ്യണം നമ്മളെന്ത് ചെയ്യണം ആ നിമിഷം നമ്മൾ മനസ്സിലാക്കുകയാണിത് ശരിയാകത്തില്ല ഈ നിലയിൽ നിന്നാൽ ശരിയാകത്തില്ല അപ്പം നമ്മളെന്ത് ചെയ്യണം ആ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തെ അനുവദിക്കുക അല്ലെ സഭയിലൂടെ കേൾക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ സഭയിലെ മൂപ്പന്മാർ പറയുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ എത്ര പേർ കാര്യത്തെ ഗൗരവത്തോടെ എടുക്കുന്നുണ്ട് എത്ര പേര് ഈ കാര്യത്തെ ഗൗരവത്വം നിങ്ങളുടെ രക്ഷയെന്ന് പറയുന്നത് ഈ ഒരു ഇതിനെ ബന്ധപ്പെടുത്തിയൊരു സംഭവമാണ് ഇവിടെ രക്ഷയെന്ന് പറയുന്നൊരു കാര്യമാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ സ്വന്തം ബുദ്ധി അനുസരിച്ചാണ് ജീവിക്കുന്നത് ബുദ്ധി അനുസരിച്ച് ജീവിക്കുന്നവരൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ മുമ്പോട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല ഒന്നെങ്കിലവർ വന്ന വഴി തന്നെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ തിരിച്ചു പക്ഷേ ദൈവവചന നാം നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിന്മേൽ വന്ന് ഒരു പ്രവർത്തി ചെയ്യുകയും നമ്മൾ കുറവും കുറ്റമുള്ളവരാണെങ്കിലും എന്താണ് പല സ്വപ്ത സ്ഥലം പറഞ്ഞിരിക്കുന്ന പോലെ കറ ചുളുക്കം മാലിന്യം വാട്ടവും ഒന്നുമില്ലാത്തവളായി ദൈവത്തിൻ്റെ മുമ്പിൽ നാം നിൽക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തരുന്ന ഓരോ അവസരവും നമുക്കോരോ അവസരവും സഭയിലൂടെ കേൾക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെയും നമ്മളത് കേൾക്കുക നമ്മുടെ ജീവിതത്തെ അതിനനുസരിച്ച് ക്രമപ്പെടുത്തുക പെട്ടെന്ന് പണി ഒരു ദിവസം കൊണ്ട് ചെയ്തു അതൊരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തിക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ പ്ലാനുണ്ട് പദ്ധതിയുണ്ട് അതിന് നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സഭ പണിയാനായിട്ട് കഴിയും നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പണിയുവാനായിട്ട് കഴിയും നമ്മുടെ ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന എല്ലാ കാര്യത്തെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും അതുകൊണ്ട് ക്രിസ്തുവേശുവിൻ്റെ ഈ ഭാവം നമ്മുടെ ജീവിതത്തിലെ ഒരു അത്യന്താപേക്ഷയമായൊരു കാര്യമായിരിക്കട്ടെ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ നമ്മുടെ ജീവിതത്തിലധികം വരികയും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സഹായിക്കുകയും ചെയ്യും ഈ നിങ്ങളോട് ഒരുമിച്ച് ലഭിച്ച ഈ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു തുടർന്ന് ഞങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും ഞങ്ങളെ പ്രാർത്ഥിക്കുക ഞങ്ങളെ അവിടുത്തെ സഭയും ഒക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ